സദാശിവ സമാരംഭം ശങ്കരാചാര്യമധ്യമാം ആചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ബോധാനന്തം കല്യാണം അച്ഛാനന്തമാത്മജം അച്ഛുരാനന്ത ഗുരുമേ നമ്മള് അർബുദത്തിൻ്റെ ഹേതുവിനെ കുറിച്ച് പറഞ്ഞു വരവേ ഭയപ്പെടാതെ മാറിയിട്ടുള്ളൊരു കഥയും പറഞ്ഞാണ് നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ പാശ്ചാത്യ പഠനങ്ങൾ ഒട്ട് വളരെയാണ് ചിലത് നമ്മൾ സൂചിപ്പിച്ച് പോന്നിട്ടുണ്ട് ക്യാൻസർ ആസ് ഡിസീസ് ഓഫ് ദ ഹോൾ ഓർഗാനിസം ഇൻ ബയോളജി ഓഫ് ക്യാൻസർ എന്ന് പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട് അംബ്രോസ് ഇ ആൻഡ് റോയ് എഫ് റോയി അബ്ജെസി ഡി വാൻ നോസൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇറങ്ങിയ പുസ്തകമാണ് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിൽ അവിടുന്ന് അല്പം പോലും വളർച്ച ആ രംഗത്തെ ഗവേഷണത്തിൽ നടന്നിട്ടില്ലാത്തതുകൊണ്ട് അതിലെ വാക്കുകൾ ഗൗരവമുള്ളതാണ് ആ പുസ്തകത്തിൽ പറയുന്നത് എത്ര നേരത്തെ അർബുദം കണ്ടുപിടിച്ചതുകൊണ്ടും കാര്യമില്ലെന്നാണ് ശങ്കുവരന്മാരുടെ ഒരു സ്ഥിരം പല്ലതിയുണ്ട് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പലപ്പോഴും ഈ ചികിത്സാരംഗം ഒരു കണ്ടീഷൻഡ് ക്ലോസിലാണ് പോകുന്നത് ദൈവമായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലെ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു ഇത് സ്ഥിരം പല്ലവിയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് യാതൊരു കാര്യവുമില്ലെന്ന കാലത്തേക്കാളേറെ അവർ പറയുന്നത് വളരെ ഭംഗിയായി ഈ ഗ്രന്ഥം പറയുന്നുണ്ട് വൈകി കണ്ടെത്തുന്ന അർബുദങ്ങളിൽ അർബുദ വളർച്ചയുടെ കാലം കൂടിക്കണക്കിലെടുത്താൽ കണ്ടെത്തിയതിനു ശേഷമുള്ള ജീവിത ദൈർഘ്യത്തിൽ സാരമായ നേട്ടമൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് വ്യക്തമായി കാണാം ും പഠനവും കൂടി ചേർത്ത് വെച്ച് നോക്കിയാൽ സംശയരഹിതമായി പറഞ്ഞിട്ടുണ്ട് ക്യൂറബിലിറ്റി ഓഫ്സർ ലാൻഡ് ഫിഫ്റ്റി ഫോർ ഭാരതീയ പഠിതാക്കൾ കാരണം ഈ പുസ്തകങ്ങളൊക്കെ വസ്തുനഷ്ടമായൊന്നും പഠിച്ചു കഴിഞ്ഞിരുന്നുവെങ്കിൽ ഭാരതീയരെ ഇത്രയധികം കളിപ്പിക്കാൻ പറ്റുമായിരുന്നില്ല ചികിത്സാരംഗം ഇത്രയേറെ കൊഴിപ്പിക്കുന്നത് ഈ രംഗമാണ് പലപ്പോഴും തെറ്റായ നിദാനവും ചികിത്സയും ആയുസിനെ കൂടി കളഞ്ഞു കുളിക്കുന്നു എന്ന് ന്യൂ ഇംഗ്ലണ്ട് തന്നെ പറയുന്നുണ്ട് ന്യൂ ഇംഗ്ലണ്ട് എന്നാൽ വൈദ്യ വ്യവസായ രംഗം പലപ്പോഴും നേരത്തെ കണ്ടെത്തുക എന്നതുകൊണ്ട് നേരത്തെ കണ്ടെത്താത്തതിൽ ഭാരമേൽപ്പിച്ച് ചികിത്സാ പരാജയത്തിൽ നിന്ന് കൈകഴുകുവാനൊരുങ്ങുന്നു അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പലപ്പോഴും ഈ രംഗം നൂറ് പരാജയങ്ങളുടെ ഓർമ്മയും വെച്ച് അതേ നിദാന പ്രക്രിയയും ചികിത്സാരീതിയും തുടരുന്നു ഒരായിരം തവണ പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടും മരുന്നൊന്ന് മാറ്റി പരീക്ഷിക്കാനോ നിദാനത്തെ ഒന്ന് മാറ്റി നോക്കുവാനോ ഓരോ ഓങ്കോളജിസ്റ്റ് പോലും ഇന്ത്യയിൽ തയ്യാറില്ല എന്നുള്ളതാണ് വസ്തുത തൻ്റെ കൺമുമ്പിൽ നൂറായിരം രോഗികൾ ഒരേ മതോളജിക്കൽ പരീക്ഷണങ്ങളും ഒരേ സൈക്കോളജിക്കൽ പരീക്ഷണങ്ങളും ഒരേ ബയോകെമിക്കൽ ടെസ്റ്റുകളും നടത്തി ഒരേ തരത്തിലുള്ള മരുന്നുകൾ വീണ്ടും വീണ്ടും കുറിച്ചു ഒരേ പാറ്റേണിൽ ചികിത്സിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞ് അവന്റെ മൃത്യു മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അടുത്തവൻ എത്തിയാൽ ആ പാറ്റേൺ തുടരുന്നു അതിനനുവദിക്കുന്ന ഭരണാധികാരികൾ അതിനെ പാടിപ്പുകൾക്കുന്ന മാധ്യമങ്ങൾ അതിലൂടെ കൊയ്ത്ത് വ്യവസായ സ്ഥാപനങ്ങൾ അത് മാർഗരേഖയാക്കി വെച്ചിരിക്കുന്ന ബിഷദ്കുരന്മാർ വീണ്ടും അതേ വഴിയെ സഞ്ചരിക്കുവാൻ ആളുകളെ അടവിരിച്ചിറക്കുന്ന സ്ഥാപനങ്ങൾ അമൂഹ്യ പ്രവർത്തകർ സാംസ്കാരിക നായകന്മാർ മതനേതാക്കന്മാർ ഭരണാധികാരികൾ ആക്ടിവിസ്റ്റുകൾ ഇവരുടെ ഒന്നും ചിന്തയോ നേത്രമോ ഈ രംഗങ്ങളിൽ ഇന്നു വരെ തിരിഞ്ഞിട്ടില്ല വസ്തുതയാണ് ഒരു പ്രാവശ്യം ഒന്ന് ശബ്ദിക്കുവാൻ നാവ് കൊങ്ങുന്ന വിധത്തിലല്ല ഇന്ത്യയുടെ ഭരണകൂടവും ഇന്ത്യയുടെ ചിന്തകളും ഈ രംഗത്തൂടെ സഞ്ചരിക്കുന്നത് എന്നത് വസ്തുതാപരമായ ഒരു കാര്യം മാത്രമായി നിൽക്കുന്നു വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മറ്റു വല്ല രീതികളിലും ഫലപ്രദമായതുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് പോലും ശ്രദ്ധ കാണിക്കുന്നതില്ല എന്നതാണ് വിചിത്രം പലപ്പോഴും ഭയം ഉത്കണ്ഠ മുതലായവയാണ് അർബുദ വളർച്ചയിൽ മുഖ്യ പങ്കു രോഗം പെട്ടെന്ന് വളരുന്നത് നല്ലൊരു പങ്കുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും ഈ രോഗത്തെ കുറിച്ച് എഴുതുന്നത് അതിവിസ്താരങ്ങളായ മരുന്നുകൾ കൊണ്ട് മാറിയിട്ടുള്ളവയഴിയെല്ലാം അതാണ് വസ്തുത അത് നമുക്ക് പുറകെ കാണാം ചികിത്സയെ കുറിച്ച് മറ്റൊരു തെറ്റിദ്ധാരണ ഗ്രന്ഥിയെ കണ്ടെത്തുന്നത് തന്നെയാണ് അർബുദ നിദാനം അതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് ഒരു മുഴ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉടനെ അർബുദം കണ്ടെത്തിയെന്നൊരു തെറ്റിദ്ധാരണയുണ്ട് ഒന്ന് എല്ലാ ഗ്രന്ഥികളും എല്ലാ മുഴകളും എല്ലാ വിദ്രഥികളും അർബുദങ്ങളല്ല ഇതിനെറ്റി ഓഫ് ദാണ് വിളിക്കുന്നത് ഈ രംഗത്ത് വളരെ വിഷ്ണാതനായ ഒരാളായിരുന്നു അത് എഴുതിയിരിക്കുന്നതിനെ മിസ്റ്റീരിയസ് വയബിലിറ്റി ഓഫ് ദ ഈ പ്രക്രിയയെ വിളിക്കുന്നത് പലപ്പോഴും അർബുദത്തെയല്ല നാം കണ്ടെത്തുന്നത് എന്നതാണ് പരമാർത്ഥം അർബുദം അനൽപമൂലമോ ആയി വളർന്ന അനേകമോ ഏകമോ ആവട്ടെ സെക്കൻഡറി അർബുദ കോശം പ്രൈമറി ആകാം സെക്കൻഡറി ആകാം അനേകമാകാം അനൽപമൂലമോ ആയി വളർന്ന ഏകമോ അനേകമോ ആവട്ടെ ആ മണ്ഡലം പോലും നാം കണ്ടെത്തുന്നത് സൈക്കോളജിക്കലായും യോളജിക്കലായും പതോളജിക്കലായും ബോകെമിക്കലായും നമ്മൾ പലപ്പോഴും പോകുന്നർഗരേഖയിലൂടെ ഒന്നുമല്ല അർബുദത്തിൻ്റെ സാധ്യതകളുള്ള ആളിന്റെ യൂറിൻ അർബുദം വരുന്നതിന് മുമ്പ് തന്നെ എപ്പി പ്രവർത്തനം തുടങ്ങും പഴയകാലത്ത് കൃഷ്ണരന്മാർ ആധുനികരും പൗരാണികരും യൂറിനിൽ ഈ പരിണാമം കാണുമ്പോൾ തന്നെ പരിഹാരങ്ങൾ ചെയ്തു തുടങ്ങുമായിരുന്നു ഭക്ഷണത്തിലും മറ്റും മറ്റും ആൻസർ അതിന്റെ ആരംഭത്തിൽ ആധുനിക വൈദ്യശാസ്ത്ര അതിന്റെ അടുത്ത പടി അതിന്റെ അടുത്ത മെറ്റാസ്റ്റാസിസ് അപ്പോ എപ്പിത്തീലിയോമയുടെ ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ യൂറിനിലൂടെ പോകാൻ തുടങ്ങും ഈ നിശ്ചയിലേക്കുള്ള ആദ്യത്തെ വാണിയാണ് അവിടെ വെച്ച് ശ്രദ്ധിച്ചാൽ പരിഹാരം എളുപ്പമാണ് കീഴാനും മുറിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല ഞങ്ങൾ പലപ്പോഴും ആ വഴിയിലൊന്നും ആധുനികർ ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെയുമല്ല നാം കണ്ടെത്തുന്നത് എന്നുള്ളതാണ് വസ്തുത വളരെ വിദൂരസ്ഥമായ ചില മണ്ഡലങ്ങൾ മാത്രമാണ് അപ്പോ അർബുദം വ്യക്തി ശരീരത്തിലെ ഏത് മേഖലയിൽ വേദനിപ്പിക്കുന്നു എന്നതാണ് പലപ്പോഴും കണ്ടെത്തുന്നത് അല്ലാതെ അർബുദത്തെ അല്ല കണ്ടെത്തുന്നത് അതെല്ലാം അപ്പോഴെല്ലാം യഥാർത്ഥത്തിൽ അർബുദം ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നമ്മുടെ ഇന്നോളമുള്ള ഉപകരണങ്ങൾ കൊണ്ടൊന്നും കണ്ടെത്താനാവാതെ ഇരിക്കുന്നു എന്നതാണ് ഏറെ രസകരമായ വസ്തുത പല കേസുകളിലും പ്രൈമറീസ് അണ്ണോണാണ് പേപ്പർ മേടിച്ചു നോക്കിയാൽ മതി വായിക്കാൻ അറിയാമെങ്കിൽ സി പ്രൈമറി അണ്ണോൺ സെക്കൻഡറി ആണെന്ന് പോലും പറയാൻ അറിയില്ല മുഴുവൻ പരഞ്ഞു നടക്കാനുള്ള ഉപകരണങ്ങൾ കലത്തൂടെ യുംും കയ്യും വയറും കൊടലും എല്ലാം കേറ്റിയിറക്കി വിട്ടുകഴിഞ്ഞ് പ്രൈമറി അന്ന് എഴുതേണ്ടി വരുന്ന ഒരു വൈദ്യശാസ്ത്രത്തിന്റെ ഗതിയാളവർക്ക് തലയിൽ ആളിപ്പുള്ളവർ ഇതിനകത്ത് എനിക്ക് അറിയില്ല എന്നിട്ട് നിങ്ങൾ ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ അഭിമാനം കൊള്ളുന്നു ക്രിസ്തുവിനു മുമ്പ് അഞ്ചോ പത്തോ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വീട്ടിലിരിക്കുന്ന ഒരു തള്ളയ്ക്ക് കൈപിടിച്ച് നോക്കിയാൽ അറിയുന്നിടത്തോളം പോലും കണ്ടെത്തുവാൻ ഈ ആധുനിക ഉപകരണങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ എന്തിനായിരുന്നു ഈ ഉപകരണങ്ങളെല്ലാം ശുദ്ധമായി മനുഷ്യനെ കളിപ്പിക്കാനുള്ള മാനേജ്മെന്റ് ഇതിന്റെ ഭ്രമത്തിലാണ് നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഓടുന്നത് സൂട്ടും ഈ ആഡോപങ്ങളും ആഡംബരങ്ങളും ഉപയോഗിക്കുന്ന ആർക്കും മനസ്സിലാകാത്ത ആംഗലേയ ഭാഷയിൽ എഴുതിയവന് പോലും പിന്നീട് ഇരിക്കൽ കാണിച്ചാൽ വായിക്കാൻ അറിയാൻ മേലാത്ത വിധത്തിലുള്ള ഹാൻഡ് റൈറ്റിംഗും എല്ലാം മെഡിക്കൽ എത്തിക്സിനും എഴുതണം എന്നാ നിങ്ങൾ തെറ്റിദ്ധാരണയുണ്ട് മരുന്ന് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന ക്യാപിറ്റൽ ലെറ്റർ എഴുതണമെന്നാണ് വായിച്ചാൽ മനസ്സിലാകണം അവർക്ക് രോഗിയെ അത്ഭുതപ്പെടുത്താനുള്ള നമ്പറുകളാണ് ഒരു പാർട്ടേൺ അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മരുന്നെടുത്ത് ഫാർമസിസ്റ്റ് എടുത്തു വരുന്നത് ഇന്ന ഡോക്ടർ എഴുതിയാൽ ഇന്ന ഇന്ന കോമ്പിനേഷൻസ് ആണ് വരുന്നത് എന്ന് അറിയാവുന്നതുകൊണ്ട് അവരുടെ പേര് മോളി കണ്ട് മരുന്നെടുത്ത് വെക്കുകയാണ് സംശയമുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി അടുത്ത മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിക്കുകയുള്ളൂ ഞാൻ പറയുന്നത് മാറ്റി പറയുമെങ്കിൽ നിങ്ങൾ ചൂരുമായി വന്നോളൂ നയൻറ്റി പേഴ്സെൻ്റും നോക്കിയാണ് മരുന്നെടുക്കുന്നത് ഒരു ഡോക്ടർ എഴുതിയാൽ ഇന്ന ഇന്ന് നോക്കി എന്ന് അവർക്കറിയാം കുറേ കാലായില്ലേ ഇങ്ങനെ മരുന്നെടുക്കുന്നു എൻ്റെ ഇടയിൽ ചിലപ്പോൾ അവരറിയാതെ ആ പഴയ പാറ്റേണിൽ എടുത്തുകൊടുത്തു വിടും അതിലൊരു പാറ്റേൺ ഉണ്ട് ആണ്ടിരുന്ന മരുന്നുകൾക്കെല്ലാം പാറ്റേൺ എന്ന് പറയുന്നത് അതിന്റെ ജനറിക്കിൽ സെയിം ആണ് പാറ്റേണ്ടിലേ മാറ്റം വരുള്ളൂ മനസ്സിലായില്ല ഒരു പാറ്റേൺ ഉണ്ട് പനിയുടെ ചുമയുടെ തലവേദനയുടെ കാലുവേദനയുടെ ഹാർട്ടിന്റെ ഒക്കെ പാറ്റേൺ ഉണ്ട് മരുന്ന് വ്യക്തമായി കൂടുതൽ റഫർ ചെയ്യാനോ കൂടുതൽ ആഴങ്ങളിലേക്ക് പഠിക്കാൻ പോവാനോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾ ഇന്ത്യക്കാരെ ചികിത്സിക്കാനില്ല ആ അത് ചോദിക്കുന്ന അറിഞ്ഞാൽ തെറ്റി കാരണം നോക്കി അറിയാൻ പറ്റും നല്ലപോലെ പഠിച്ചറിയാൻ പറ്റും ഒരല്പം ശ്രദ്ധിച്ചാൽ അറിയാൻ ആ എപ്പിതിരി സെല് നോക്കിയാൽ അറിയാൻ പറ്റും എപ്പി സെൽഫ് അതിന്റെ ആധിക്യം വരുമ്പോ യൂറിനിൽ വരുമ്പോ അറിയാം സൈറ്റോളജിക്കലായി ഒരാൾമയിലേക്ക് വീണിട്ടുണ്ട് എന്ന് പറയാം അത് നോക്കി ഉപകരണങ്ങളൊക്കെ വളരെ കൂടുതലാണ് ഈ ഉപകരണങ്ങളും ബഹളങ്ങളും എല്ലാം ഒരു ഭ്രമത്തിന്റെ ഭാഗമാണ് നല്ലൊരു ശ്രമമാണ് പല കാരണം ഇത്രയും ഉപകരണങ്ങളിലൂടെ കയറ്റിയിറക്കി വിട്ടിട്ട് എത്രയോ പേപ്പറുകളിലാണ് പ്രൈമറി എണ്ണോൺ നല്ല ഇവരെ കണ്ടിട്ടില്ല നീ കാണുമ്പോഴേ വായിച്ചു നമുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ആണ് അതുകൊണ്ട് വായിക്കാം അർബുദം ഒരു കേന്ദ്രത്തിൽ നമ്മുടെ ഇന്നോളമുള്ള ഉപകരണങ്ങൾ കൊണ്ടൊന്നും കണ്ടെത്താനാവാതെ ഇരിക്കുന്നു എന്നതാണ് ഏറെ രസകരമായ അദൃഷ്ടമായ ഒന്നിന്റെ ൃഷ്ടമായ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ വയ്യാത്തത് കാണാൻ വയ്യാത്തവൻ നമുക്ക് കാണുന്നതെല്ലാം സൃഷ്ടിച്ച് നമ്മെ വേദനിപ്പിക്കുന്നു ഇത് വളരെ രസകരമായ ഒന്നാണ് ദൃഷ്ടമായ പ്രവർത്തനങ്ങൾ കണ്ട് അതിൽ നിന്ന് അദൃഷ്ടമായതിനെ നേരിടുന്നതിന് ഇന്ന് നാം ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ മതിയാവില്ല കാരണം ഔഷധങ്ങളിൽ നല്ലൊരു ശതമാനവും ബ്ലഡ് ബ്രെയിൻ ബാരിയർ കിടക്കുന്നില്ല ഇത്രയും കാലത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏറ്റവും രസകരമായ വസ്തുതകളിൽ ഒന്നതാണ് സങ്കേതാർത്ഥത്തിൽ ഇത്രയും പഠനങ്ങൾ നടത്തിയെടുത്ത മരുന്ന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കിടക്കാൻ പലപ്പോഴും സമർത്ഥമല്ല ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞത് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ് അത് വിവരം അറിയാം നമ്മുടെ ബ്രെയിനിന്റെ ഒരു ബാരിയർ ഉണ്ട് ബ്ലഡും ബ്രെയിനും തമ്മിൽ വരതിരിക്കും ബ്ലഡ് ചെന്ന് ബ്രെയിനിലേക്ക് ചേർന്നിടത്ത് ഒരു മനസിലായില്ല അവിടെ ചെന്ന് തട്ടി നിൽക്കും അവിടെ ചോള് വാങ്ങിക്കാൻ ഇരിക്കുന്നവൻ അനുമതി കൊടുത്തില്ലെങ്കിൽ അവർത്തോട്ട് കയറി പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് ഇതെല്ലാം തിന്നിട്ട് മനസ്സിലായില്ല അതാണ് ആദ്യം പഠിക്കേണ്ടവശ ഈ അവല് പോലുള്ള ടാബ്ലറ്റുകളൊക്കെ തിന്നാൽ എന്തുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്നു ഈ കണ്ണി കാണുന്നതെല്ലാം മരുന്നാണെന്ന് പറഞ്ഞ് മാറി മാറി കഴിക്കുന്ന അനേകവിധങ്ങളായ അനേക ശാഖകളുള്ള അനേക ഔഷധങ്ങളെല്ലാം തിന്നിട്ടും ൾ ജീവിച്ചിരിക്കുന്നത് ഇവയൊന്നും ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ കടത്തിവിടാൻ പര്യാപ്തമല്ലാത്തതുകൊണ്ടാണ് പഴയ കാലത്തൊരു മരുന്ന് കഴിക്കുമ്പോൾ അത്തരം പോവില്ല നേരെ കഴിച്ചാൽ അത് കിഡ്നിക്ക് തകരാറുണ്ടാക്കുമെങ്കിൽ അത് എതിർത്ത് ലിവറിന് തകരാറുണ്ടാക്കുമെങ്കിൽ അത് ശരീരത്തിന് മറ്റു ദൂഷ്യങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ കോശം ആദ്യം തന്നെ തിരിച്ചറിഞ്ഞ് അതിനെ വോമിച്ച് വായിലേക്കിടുമ്പോൾ ആ സാധനത്തിന്റെ ഗന്ധാധികളിലൊന്ന് നൊടിയൂളിൽ തട്ടുമ്പോൾ മസ്തിഷ്ക പര്യങ്കാദേശത്തിൽ അപ്പോൾ തന്നെ അവിടുന്ന് നിർദ്ദേശം ഡെബിക്കേറ്റിംഗ് സെന്ററിൽ നിന്ന് കൊടുക്കും ആന്റി പെരിസ്റ്റാസിസ് ഫോം ചെയ്യും സാധന അടിച്ച് ദൂരെ കളയും ഗ്രീസിലിരുന്ന് ഒരു ഗവേഷകൻ മനുഷ്യൻ ഒരു ഡോക്ടർ അറിയുന്നവൻ കുറിച്ച് തരുന്ന ഒരു മരുന്ന് ഛർദിക്കുന്നത് ഈ വ്യവസായത്തിന് ഏറ്റവും വലിയ ദോഷമാണെന്ന് കണ്ടിട്ട് അതിന് കണ്ടെത്തിയൊരു സങ്കേതമായിരുന്നു ആനിമൽ ബ്ലൂ കേടില്ല ഈ കമ്പനിയായ കമ്പനി എല്ലാം ഇത് മുഴുവൻ മനുഷ്യൻ ശർദ്ദിച്ചു കളഞ്ഞാൽ പിന്നെ ഇത് മുഴുവൻ രണ്ടു പ്രാവശ്യം ശർദിച്ചാൽ പിന്നെ മരുന്ന് ചിലവാകില്ല അത് അനുവദിച്ചുകൂടാ കഴിക്കുന്നവന്റെ മസ്തിഷ്കൾ ഡിഗ്രിക്ക് വലിപ്പം ഉണ്ടെന്ന് അയാൾ കണ്ടു അതിന്റെ ഫലമായി അയാൾ കണ്ടെത്തിയതാണ് ആനിമൽ ഫ്ലൂ ജലാറ്റിൻ അങ്ങനെയാണ് ഇത് ആക്കിയത് ഇത് കാപ്സ്യൂളിനകത്തിട്ട് പിഴുങ്ങിയ പിന്നെ ഇത് പുറത്തേക്ക് പോകൂല്ല മനസിലായില്ല കഴിക്കുന്നത് അതേ പ്രിന്റിങ് ഇങ്ക് അതിന്റെ പുറത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ആ ജലാസിൻ കാപ്ളിന് പച്ചയും ചുമപ്പും വെള്ളയും നീലയും ഒക്കെ നിറങ്ങൾ കൊടുക്കുന്നത് എഡിബിൾ ഫുഡ് കളറുകൾ ചേർത്തല്ല ജലാസിനെ കളറല്ല ഉള്ളത് ഒരു പകുതി പച്ചയും മറുഭാഗം കാവിയും ഒരറ്റത്ത് ചുവപ്പും കാവിയും ചോക്കും പച്ചയും വെള്ളയും ഒക്കെ ചേർത്ത് മതങ്ങളെ വരെ രസിപ്പിക്കാൻ ഞാൻ കളിയൊന്നും പറഞ്ഞല്ല ജീവികളുടെ മച്ച ആനിമൽ ഗ്ലൂ ആദാണ് ജലാച്ഛി പെരുമ്പാവൂരിന്നാ പോകുന്നേ കേരളത്തിന് വേണ്ടത് പെരുമ്പാവൂര് തട്ടിപ്പൊട്ടിച്ചെടുത്ത് അതിന്റെ ജെല്ല് ഇവിടുന്ന് അയച്ചു കൊടുത്ത് ബോംബെയിൽ പാം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുത്തക കമ്പനി ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന പാം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പാം എഞ്ചിനീയേഴ്സ് അവരാണ് കാപ്സ്യൂൾ നിറയ്ക്കാനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് ടാക്സുകൾ ഉണ്ടാക്കാനുള്ള യന്ത്രം ഉണ്ടാക്കുന്നതും പാങ്ങിയാണ് കുത്തക ബനിയ കമ്പനിയാണ് ഇടയ്ക്കിടയ്ക്ക് അവർ ലോക്ക് ഔട്ട് ഉണ്ടാക്കും അവരുടെ കുടീടകളുണ്ട് ബോംബയിലെ അവിടെ വളരെ അൺഹൈജീനിക്കായിട്ടാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അവിടുന്ന് തൊഴിൽ നിർത്തിപ്പോയ ടെക്നീഷ്യൻസ് എല്ലാം ഇത് പാറിലായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുടിൽ വ്യവസായം പോലെ സാധ്യം ചെയ്യുക റിയില്ല വാങ്ങിച്ച് കഴിക്കുന്നവൻ അറിയില്ല ഞാൻ പറഞ്ഞത് ശരിയാണോ അന്വേഷിക്കാം അതോ വെറും കെട്ടുകഥ പറഞ്ഞാണോ അവിടെ എല്ലാം കുടിയേറെ അവരിത് ഉണ്ടാക്കുന്നുണ്ട് കൈ ഉണ്ട് വളരെ രസകരമായ ബിസിനസ് ആണോ ഇവിടെ നിന്നാണ് ഇങ്ങനെയുള്ളത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നും പോകുന്നുണ്ട് ജെല്ല അതിനകത്തകത്തേ കിട്ടാൻ ശ്രദ്ധിക്കില്ല അപ്പൊ വേണ്ടാത്ത ഒരു വസ്തുവായാലും അകത്ത് പ്രവർത്തിച്ചുകൊള്ളും മരുന്ന് നഷ്ടപ്പെടില്ല രോഗി നഷ്ടപ്പെട്ടാലും ഇന്നത്തെ ഒരു തലമുറയ്ക്ക് യൂരിട്ട് അകത്ത് കൊടുത്താലും അവന്റെ മസ്തിഷ്കത്തിന്റെ ഈ പ്രവർത്തനശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ജനിതക പരിണാമത്തിലൂടെ പക്ഷെ ഇപ്പോഴും മനുഷ്യന്റെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ അതി മരുന്നൊന്നും കിടക്കില്ല ബ്ലഡി മരുന്നുമായി ചെന്നാൽ എത്തുമ്പോൾ പിൻവാങ്ങുമ്പോൾ ബോധം ചിലപ്പോൾ നഷ്ടപ്പെടും സൈനോവിയൽ ഫ്ലൂയിഡ് രൂപാന്തരപ്പെട്ട് അതുമല്ലെങ്കിൽ ഒരു ബാരിയർ വൈദ്യുത തരംഗങ്ങളെ കൊണ്ടുണ്ടാക്കി ആൽപ്പയിലും വീച്ചയിലും പരിണാമം വരുത്തി അല്ലെങ്കിൽ ഇതിനെ കെമിക്കലായി വേറൊന്നാക്കി രൂപപരിണാമം വരുത്തി തിരിച്ചയച്ച് ഒക്കെ ചെയ്യാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട് ലോകത്തിലെ ഏറ്റവും അത്ഭുതങ്ങൾ നിറഞ്ഞ സ്ഥലം ഇത്രയാണ് അത്രയും വലിയ അത്ഭുതമുള്ളതൊന്നും ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഒരു ഏക്കർ ഭൂമി വേണം ഇതിനകത്ത് നടക്കുന്ന പരിപാടികൾ ഭാഗ്യമായി വയർ കണക്ട് ചെയ്ത് വെക്കണമെങ്കിൽ അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെങ്കിൽ കമ്പനി മുഴുവനോട് എത്താൻ പറ്റില്ല ഒരുത്തൻ്റെ ബ്രെയിൻ ഓർമ്മകളുടെയും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ അതിസൂക്ഷ്മങ്ങളായ കേന്ദ്രങ്ങളോടുകൂടിയതാണ് ഇതിലെ ന്യൂറോഡുകൾ ഇതിലെ കാൽപ്പയിൽ ഇതൊക്കെ അത്ഭുതങ്ങളുടെ ഒരു പ്രപഞ്ചമാണ് ഇതിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന തരങ്കാവലികൾ നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറമാണ് അവിടെ ഒരു ഭാര്യ പറഞ്ഞത് മനസ്സിലായി കടന്നുപോവില്ല ഈ മരുന്നൊന്നും അങ്ങോട്ട് കിടക്കാറില്ല അപ്പൊ ഇന്ന് നാം ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ മതിയാവില്ല വ്യക്തിയുടെ സൂക്ഷ്മ ശരീരത്തിലോ കാരണ നാം ഉപയോഗിക്കുന്നത് പലപ്പോഴും എത്തുന്നില്ല അന്തേദനമായ ജഡമെന്ന പോലെ ഇരിക്കുന്ന ദ്രവ്യഔഷധങ്ങളാണ് നാം ഉപയോഗിക്കുന്നത് ബഹിരന്തച്ഛേദനായ മനുഷ്യന്റെ ഉള്ളിലേക്ക് ബഹിരന്തേദന ബാഹ്യമായും ആന്തരികമായും ഛേദനയുള്ള ജീവിയുടെ ഉള്ളിലേക്ക് അന്തേദനമായിരിക്കുന്ന ഒരു ജഡപദാർത്ഥത്തെയാണ് ഔഷധമായി പൊടിച്ചു കൊടുത്തുവിടുന്നത് അവിടെയാണ് ദ്രവ്യ വൈദ്യശാസ്ത്രത്തിൽ പ്രധാനമാകുന്നത് ദ്രവ്യ വിജ്ഞാനത്തിന്റെ തലങ്ങൾ പദാർത്ഥ രണ്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് വച്ച് ജൈവ പദാർത്ഥങ്ങളെയോ അജൈവ പദാർത്ഥങ്ങളെയോ മെറ്റൽ മിനറൽ ബയോട്ടിക്സ് ഇവയെല്ലാം സൂക്ഷ്മതരങ്ങളായ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവയുടെ കൊളോഡൽ പ്രോപ്പർട്ടി അവയുടെ കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി ഇവയെല്ലാം നോക്കി അവയെ ബൈരന്തമാക്കി വേണം ഔഷധമാക്കാൻ അപ്പോൾ മാത്രമേ അവ ബ്ലഡ് ബ്രെയിൻ കടക്കൂ കടത്തിവിടുമ്പോൾ അപകടകരങ്ങളല്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം ചികിത്സയുടെ അടിസ്ഥാനം അപ്പോ അന്തഛേദനമായ ജഡമെന്ന പോലെ ഇരിക്കുന്ന ഔഷധങ്ങളെ ജഡത്വത്തിൽ നിന്ന് ഇനേർഷ്യയിൽ നിന്ന് മോചിപ്പിക്കണം അതുകൊണ്ട് രോഗം വളരെ നേരത്തെ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല ഔഷധം ഉണ്ടാവണം മനസ്സിലായില്ല രോഗം നേരത്തെ കണ്ടുപിടിച്ചോ അവസാനം കണ്ടുപിടിച്ചോ എന്നതല്ല അതിന് കടന്നു ചെല്ലുന്ന ഔഷധം ഉണ്ടോന്നുള്ളതാ പ്രധാനം മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെ അതിൻ്റെ നിർണായക പ്രശ്നങ്ങൾ പലപ്പോഴും ഇത് കണ്ടുപിടിക്കുമ്പോഴേ ഭയമുണ്ടാകുന്നു എന്നത് മാത്രമാണ് കാര്യം അതുകൊണ്ട് രോഗം കണ്ടുപിടിച്ചാൽ ഔഷധമില്ല എന്ന അറിവും വളരെ വൈകി എന്ന പിശഖ്വരന്റെ പദവും മൃത്യുവിനെ കുറിച്ചുള്ള ഭയവും കില്ലർ ഓർമോണുകളുടെ ഒഴുക്കിനെ ഉണ്ടാക്കുന്നു അവയാണ് രോഗിയെ കൊല്ലുന്നത് കണ്ടുപിടിക്കാതിരുന്നാൽ ഇപ്പോഴുണ്ടായ കില്ലർ ഹോർമോണുകളെങ്കിലും ഉണ്ടാകാതിരിക്കും ചികിത്സ അന്തകനാകുന്ന ഒരു രംഗമായത് പലപ്പോഴും വളരെ വൈകി കണ്ടുപിടിക്കുമ്പോഴും ലക്ഷണം പ്രകടമാകുന്നതിന് സമയമെടുക്കുമ്പോഴും ജീവിത ദൈർഘ്യം കൂടുന്നു എന്നതാണ് വസ്തുത അർബുദത്തിന് പ്രതിവിധി ഇല്ലാതിരിക്കെ കണ്ടെത്തിയെന്നത് കൊണ്ട് മാത്രം പണച്ചിലവേറുമെന്നല്ലാതെ എന്താണ് പ്രയോജനം ഏറ്റവും വിചിത്രമായത് ഇതൊന്ന് കണ്ടെത്താനാണ് ഏറ്റവും കൂടുതൽ പണച്ചെലവ് ഡയഗ്നോസിസ് സ്കാനിംഗ് ചികിത്സയല്ല എക്സ് റേ ചികിത്സയല്ല വ്യത്യസ്തങ്ങളായ എല്ലാ സ്കാനിങ്ങും നിദാന പ്രക്രിയയുടെ ഭാഗം മാത്രമാണ് പല്ലും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഈ പാവപ്പെട്ട രോഗികളൊക്കെ ചെല്ലുമ്പോൾ ഒരു സ്കാനെടുക്കണം ഡോക്ടറെ എന്ന് പറയാൻ സ്കാനെടുത്താൽ ഉടനെ മാറും ആ ധരിക്കുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞ പലരും ഇത് ചികിത്സയുടെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മനസ്സിലായില്ല ചികിത്സയുടെ ഭാഗമല്ല കാരണം ഇതിനകത്തും ഇഞ്ചക്ഷനും ഒക്കെ ഉണ്ട് അതിലേറ്റവും വിചിത്രമായ സത്യം സിറ്റിയിലും മറ്റും ഹാർഡ് എക്സ് സോഫ്റ്റ് എക്സ്റേയും ആ ഉപയോഗിക്കുന്നത് അഞ്ചിയോഗ്രാമിലും മറ്റും ഡൈ കടത്തിൻ്റെ ശരീരത്തിനകത്ത് നേരിട്ട് ബ്ലഡിലേക്കാണ് കൊടുക്കുന്നത് രോഗം തിരിച്ചറിയാൻ കൊടുക്കുന്ന ഒരു ഡൈ ആണോ രോഗത്തിന്റെ ദർശനം തരുന്നത് അതിന് മുമ്പില്ലാത്ത ഒന്ന് ഈ ഡൈ ഉണ്ടാക്കിയിട്ട് കാണിക്കുകയാണോ അതാണോ ഹൃദയത്തിന്റെ ധമനികൾക്ക് ഫ്ലോഷം ഉണ്ടാക്കുന്നത് അതാണോ കടന്ന് ഹൃദയത്തിൽ ബ്ലോക്കുകളായി പരിണമിക്കുന്നത് എന്നതൊക്കെ ജനങ്ങളെ അറിയിക്കുക എന്ന മര്യാദയെങ്കിലും ചികിത്സയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ശാസ്ത്രം പലപ്പോഴും സഞ്ചരിക്കുന്നത് നിർണായകതകളിലൂടെയാണ് അതൊന്നും ചികിത്സ അല്ല എന്നുള്ളതാണ് വസ്തുത ആളുകൾ ധരിച്ചിരിക്കുന്നതൊക്കെ ചികിത്സയാണെന്നാണ് ശരിയല്ല അമ്പത് ദിവസം ആശുപത്രിയിൽ കിടക്കുന്നതിൽ നാൽപ്പത് ദിവസവും രോഗം കണ്ടുപിടിക്കാനുള്ള കിടപ്പിന്റെ ചെലവാ കൊടുക്കുന്നത് അതോ ആവുന്നില്ല ആ കണ്ടുപിടിച്ചൊക്കെ കഴിഞ്ഞാൽ ഇനി വീട്ടിലോട്ട് പോയാലും കുഴപ്പമില്ല ഇനി ഇതിന് പരിഹാരമൊന്നുമില്ല ഞങ്ങളിതാ കണ്ടുപിടിച്ചു ഇതിന് യാതൊരു പരിഹാരവും ഇല്ലെന്ന് ഉറപ്പായി ഓപ്പൺ ചെയ്തു തുന്നിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോയി അങ്ങോട്ട് നടന്നു പോയത് അതുപോലെ കൊറച്ച് നടക്കാറു പത്ത് ദിവസവും കൂടെ നടന്ന കത്തു ഇത്ര വികൃതമായി പോവില്ല ഇസറിനെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതൊന്നുമല്ല മനോഭാവം ഉണ്ട് നമ്മളോ ആരോഗ്യവും കളിപ്പിച്ചതാണ് അത് നമ്മളെ കളിപ്പിച്ച് ഇവൻ വാങ്ങി ഇവനെ കളിപ്പിച്ച് ചോദിച്ച് വാങ്ങി നിങ്ങൾ ഒന്നര ലക്ഷം അവിടെ കൊടുത്തിച്ച് നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് അവൻ മകന്റെ പഠിത്തം ശരിയാകാതെ കഞ്ചാവടിച്ച് കിടക്കുന്നതിന് ചോദിച്ചേ കാണാൻ പോയിരിക്കുക ഇവൻ മകനെ കൊണ്ടുപോയി അവിടെ എം ചേർക്കാൻ ചെന്നപ്പോ അവിടെ ഇരിക്കുന്ന ഒരു ഗുണ്ടയ ഒരു അയ്യങ്ക മനസിലായില്ല തമിഴ്നാട്ടില് ഒരു ഗുണ്ട മോഡലായിരിക്കുന്ന ഒരു പത്തു ഒമ്പത് പേരുണ്ടാവും ഒരു പെട്ടിക്കട പോലെ ഒരു മെഡിക്കൽ കോളേജിൽ നടത്തുന്നുണ്ടാവും മനസ്സിലായില്ല അവിടെ കൊണ്ടുപോയി അമ്പത് ലക്ഷം കൊടുത്തിട്ട് അവിടെ ചേർക്കുന്നത് അപ്പൊ അവിടെ കളിപ്പിക്കാൻ അവനെ കളിപ്പിക്കാനുള്ളവൻ അവിടെ ഇരിക്കും ഇതിന്റെ പേര് ചാക്രികർക്ക് നിങ്ങളോട് പിടിച്ചു ഞാൻ എന്നോട് പിടിച്ചു വേറൊരുത്തം മേടിക്കുന്നു മനസ്സിലായില്ല അവനോട് മറ്റൊരിത്തം മേടിക്കുന്നു അവന് പണം സാരമില്ല ഞാനത് ഗണ്യമായി കണക്കാക്കിയില്ല കണക്കാക്കാത്തത് ഇതുകൊണ്ടാണ് മംഗലാപുരത്തുള്ള ഡോക്ടർമാർ മുഴുവൻ മേടിക്കുന്നത് കാശ് മേടിച്ചാൽ വണ്ടിയെടുക്കാൻ നേരത്തെ അതിന്റെ നമ്പർ കുറിക്കാൻ പയ്യന്നൂരുള്ള പൊതുവാളന്മാരെ മനസ്സിലായിട്ട ജ്യോതിഷികളാ അവർക്ക് കൊണ്ട് കൊടുക്കും അവരിതുകൊണ്ട് തിരിച്ചു മംഗലാപുരത്തോടെ ഡോക്ടർ കൊണ്ട് കൊടുക്കും ഇതൊരു ചാക്രികത്തിയാണ് അതുകൊണ്ടാണ് ഇവന്റെ ഒരു ചക്രം എന്നായത് എൻ്റെ ഒരു ചക്രം സ്വയം കറങ്ങുകയും നിങ്ങളെ കറക്കുകയും ചെയ്യാൻ കഴിയുള്ളത് അതുകൊണ്ട് അർബുദത്തിന് പ്രതിവിധി ഇല്ലാതിരിക്കെ കണ്ടെത്തിയെന്നതുകൊണ്ട് മാത്രം പണച്ചിലവേറുമെന്നല്ലാതെ പ്രയോജനമൊന്നുമില്ല പലപ്പോഴും നേരത്തെ കണ്ടെത്തുന്നതിനെക്കുറിച്ച് അനേകവിധ ധാരണകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അർബുദം സമയത്തിന്റെ കാര്യത്തിലല്ല കോശ ബന്ധത്തിലാണ് ബന്ധത്തിന്റെ കാര്യത്തിലാണ് വളർച്ചയെ ബോധിപ്പിക്കുന്നത് പലപ്പോഴും ഗ്രന്ഥിയെ കണ്ടെത്തുന്നത് അർബുദത്തെ കണ്ടെത്തുന്നതായി പലരും ധരിച്ചു വശായിട്ടുണ്ട് ഒരു മുഴ കണ്ടുപിടിച്ചാൽ ഉടനെ അർബുദം കണ്ടുപിടിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് വിൽപ്പൻ തന്നെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ദ മിസ്റ്റീരിയസ് വയബിലിറ്റി ഓഫ് ദ ബോൾ എന്നാണ് ഇതിനെ 1923 ൽ ബ്ലഡ് ഗുഡ് ദി ഡയഗ്നോസിസ് ഓഫ് early breast tumors American Medical Journal 1923 33 ലേറെ సంవత్సരം ജോൺ ഹോപ്കിൻസ് സെൻട്രലിലെ കേന്ദ്രത്തിലേ പരിചയത്തിലെന്നു പറയുന്നത് വരും ഗ്രന്ഥികളെ പലപ്പോഴും അർബുദമായോ സംശയാസ്പദമായ അർബുദമായോ കണക്കാക്കുന്നു മുപ്പത്തിമൂന്ന് കൊല്ലം ഈ ജോൺ ഹോക്കിൻസിൽ ഉണ്ടായിരുന്ന പ്രശസ്തനായ ഒരു ഓങ്കോളജിസ്റ്റിന്റെ വാക്കുകളാണ് അതെ ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയിൽ ക്യാൻസർ കൊണ്ടുപിടിച്ചാണ് ഇന്ത്യയിൽ ഇല്ല അമേരിക്കയിൽ നിന്നതുകൊണ്ട് ആ ജീവിത രീതിയിൽ നിന്ന് മാറി അമേരിക്കയിൽ തുടങ്ങി അതരത്ത് തുടങ്ങിയ പ്രസ്ഥാനങ്ങളുണ്ടായി പ്രസവിക്കാൻ വേണ്ടി സമരം ചെയ്യാൻ തുടങ്ങി പല ആളുകളും പ്രസവം വീട്ടിലാക്കി തുടങ്ങി ഞങ്ങൾക്ക് പ്രസവ വേദന അനുഭവിക്കണമെന്ന് സമരം ചെയ്യാൻ തുടങ്ങി സ്ത്രീകൾ അടുത്ത കാലത്ത് ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല സമീപകാല പത്രങ്ങളിൽ വാർത്തകൾക്ക് വന്നിട്ടുണ്ട് ഒന്നും വായിച്ചിട്ടില്ല ഞാൻ പറയുന്നൊന്നും ഉണയാ ശ്രദ്ധിച്ചില്ല സമീപകാല പത്രങ്ങളിൽ കട്ട് ചെയ്തു വെച്ചുകൊണ്ടൊന്ന് കൊടുക്കുക വീട്ടിൽ പ്രസവിക്കുവാൻ അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും സ്ത്രീകൾ നിർബന്ധം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ശരിയല്ല പേപ്പർ കട്ട് എവിടെ ഉണ്ടോ ഇവര് പത്രം വായിക്കുന്ന മാറ്റിമോണിയില് മാത്രമാണ് പിന്നെ കൊലപാതകവും അയച്ച് ഒരാളും ഓർമ്മയിലില്ല ഏ മുളയൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട് പരമാവധി ആധുനിക ചികിത്സയോട് വിട പറയാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതാണ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും അറുപത്തിനാലിലും ഒന്നും ഈ മാരണം പിടിച്ച രോഗങ്ങളില്ലാതിരുന്ന ഇന്ത്യ അവരെ അനുകരിച്ച് രോഗങ്ങളെ മുഴുവൻ മേടിച്ചു തിരിച്ചു പോകാൻ തയ്യാറാകുന്നുമില്ല പണക്കാരൻ്റെ ഒരു അലങ്കാരമായി ക്യാൻസർ വളർന്നു കഴിഞ്ഞു ഒരളവ് വരെ അഭിമാനത്തോടെയാണ് അമ്മയ്ക്ക് ക്യാൻസറാ അച്ഛന് പ്രോസ്ട്രേറ്റിലാ അമ്മയ്ക്ക് ബ്രസ്റ്റിലും തന്ത്യ്ക്ക് പറഞ്ഞ മക്കൾ നീ എന്നാ ഞങ്ങക്ക് വരുന്നതെന്ന് കാത്തിരിക്കുക ഇവിടെ വിചിത്രമായ ഒരു ഇന്ത്യയാണ്